രി ഓ അന്തരാപാത്തേ ശാത്തപാവനമചിന്യൈഭവം തന്നരംബപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീം വ്യോമവത്വ്യേ ദക്ഷിണമൂർത്തരി പാർ പ്രതിബോധിത സ്വയം വ്യാസേന मध्ये महाभारतं മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷണ ഭഗവത്തധ്യന അംബ ക്സന്ത ഭഗവീ നമോസ്തു തേ വ്യാസവിശാലുദ്ധേ ഫുല്ലേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപ്പന്നിജാതോത്രവേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതൃതേ നമ गावो दोग्धा सुधीर भोक्ता ോപരിഷദോ ഗാവോ ദോധോദന പാർോ വത്സസുധീർഭോക്തം ഗീതമൃതമസുദേവൂരമർദനം ദകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു മൂക്കം करोति വാചാ പങ്കു ലഘയത്തെ ഗിരി യഹം വന്ദേ അരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൺണ്വത്തിവ്യൈ സവൈ വേദസോപനിഷദൈ ഗായ ധ്യാസ്ഗത മനസാ പശ്യം യോഗിനോ യം വിദുസുരാഗണ തസ്മൈ നമ പാർസാരഥി ശ്രാവി ശുഭം ഗിരം പാർസ്യാർത്തിഹരോ ദൂർത്തിന ഗീതയുടെ താല്പര്യമെന്താണെന്നുള്ളത് ഭാഗവതത്തില് പ്രഥമസ്കന്ധത്തില് വരുന്നു ഗീതം ഭഗവതാ ജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമ വിഭു അവിടെ തെളിവായിട്ട് പറയാണ് എന്താണ് ഗീതയുടെ സാരം താല്പര്യമെന്താണ് ഗീതം ഭഗവതാ ജ്ഞാനം ആത്മജ്ഞാനമാണ് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത് ആത്മജ്ഞാനോപദേശത്തോടു കൂടിയാണ് ഗീത ആരംഭിക്കുന്നത് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആളോട് താൻ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ് കർമ്മം ഉപദേശിക്കേണ്ട സ്ഥലത്ത് ോ വിദ്യാവോ വിദ്യത്തെ സഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോഹോ തത്വദർശിവി എന്ന് പറഞ്ഞ് ജ്ഞാനത്തിനെ ഉപദേശിക്കുന്നു കാരണം മനുഷ്യന് ലോകത്തിൽ അറിയാത്ത കാര്യം അതുമാത്രാണ് ബാക്കിയൊക്കെ അറിയാനുള്ള താല്പര്യം അറിയുന്നുണ്ട് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് വളരെ വലിയ ആശ്ചര്യം എല്ലാറ്റിനെ കുറിച്ചും അറിയുന്ന ഈ മനുഷ്യൻ തന്നെ കുറിച്ച് തന്റെ സ്വരൂപത്തിനെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കണു എന്നുള്ളതാണ് വലിയ വലിയ ഒരു ആശ്ചര്യം വിജ്ഞാതാരമറേ കേനവിജാനീയാ ശ്രുതി തനൽ എല്ലാത്തിനെ അറിയുന്നവനെ എടോ എന്തുകൊണ്ടാ അറിയാത്തത് ഏത് അറിവുകൊണ്ടാണ് അറിയുക പുറത്തുള്ള വസ്തുക്കളിലേക്കൊക്കെ മനസ്സ് പോകണുണ്ട് പുറത്തുള്ള വിഷയങ്ങളൊക്കെ അറിയാനുള്ള താൽപ്പര്യവും രുചിയും നമുക്കുണ്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബുദ്ധി കൊണ്ട് അറിയപ്പെടുന്ന വസ്തുക്കളാണ് നമ്മൾ അറിവ് എന്ന് വിചാരിക്കണത് ശാസ്ത്രം പഠിച്ചാൽ പാണ്ഡിത്യം വരും അറിവ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അറിവല്ല അത് ചിത്തം നിശ്ചലമാവുമ്പോൾ വാസനാക്ഷയം വരുമ്പോൾ ഹൃദയത്തിൽ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം നമ്മൾ പരിചയപ്പെട്ട പോലെ അല്ലാതെ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായിട്ട് പ്രകാശിക്കുന്നു മ്മള് ഞാൻ എന്ന് പറയുമ്പോ ആ ഞാനിന് പല വേഷങ്ങളും ഉണ്ട് അത് പുരുഷനാണ് അത് സ്ത്രീയാണ് അത് ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് ഇന്ന വർണ്ണത്തിൽ ആളാണ് ഇന്ന ആശ്രമത്തിൽ ആളാണ് ഇതൊക്കെ പഴയ കാലം ഇന്നത്തെ കാലത്ത് വേറെ എന്തൊക്കെയോ അതിന്റെ ആരോപണം ചെയ്യണം അല്ലേ പഴയ കാലത്തിൽ ആരോപണം ചെയ്യുന്നത് ജാതി വർണ്ണം ആശ്രമം ഒക്കെയാണ് ഇപ്പൊ വിവേക ചൂടാമണിയിൽ ശിഷ്യന് ഗുരു ഉപദേശിക്കുന്നു ാതികുലഗോത്രൂരകം നാമ ൂപ്പുണദോഷവർജിതം ദേശകള വിഷയാദി വത്തിയത് ബ്രഹ്മ തമസി ഭാവയാത്മനിൽ പരം സകലവാഗോചരം ഗോചരം വിമലബോധ ചുഷാ ശുദ്ധചിദ്ഘനമനദിവസ്തുയത് ബ്രഹ്മ തമസി ഭാവയാ ഷഡ്ഭിരൂർമിഭിർ അയോഗി യോഗി ഹൃദ്ഭാവിതം ബുദ്ധിയവേദ്യം അനവദ്യമസ്തിയത് ബ്രഹ്മതത്വമസി ഭാവയാ ഉപനിഷത്ത് പറയുന്ന ആ ബ്രഹ്മം ഭക്തന്മാര് ഭഗവാൻ എന്ന് പറയണുപനിഷത് ബ്രഹ്മമെന്ന് പറയുന്നു യോഗികൾ പരമാത്മാവെന്ന് പറയണു ഇംഗ്ലീഷിൽ ഗാഡ് എന്ന് പറയണു എന്തൊക്കെയോ പേര് പറഞ്ഞു അതെന്താണെന്ന് അറിഞ്ഞ അനുഭവത്തിലൂടെ അറിയുന്നതാണ് മതം എന്ന് പറയണത് അഥവാ ദർശനം എന്ന് പറയണത് അത് ഉണ്ടെന്ന് വിശ്വസിച്ചാ പോരാ വിശ്വസിച്ചത് കൊണ്ടിപ്പോ വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോ വിശ്വസിക്കുന്ന ആളുകളെക്കാളും വിശ്വസിക്കാത്ത ആളുകളുടെ അടുത്തേക്ക് അത് ചിലപ്പോൾ പ്രകാശിക്കണത് നമ്മൾ കാണാം എന്താണെന്ന് വെച്ചാൽ വിശ്വസിക്കണമെന്ന് വിശ്വസിക്കുന്നതോടുകൂടെ നിർത്തി ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഞാൻ വിശ്വാസിയാണ് വിശേഷിച്ചൊന്നു ശ്വസിക്കുന്ന ആളാണ് അർത്ഥം വിശ്വസിക്കുന്നത് കൊണ്ട് അതിന്റെ ഇഫക്റ്റ് കിട്ടുമോ അതിനെ അറിഞ്ഞ് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഏവ്ഞാ പ്രജ്ഞാ കുറവീത ബ്രാഹ്മണ നാനുധ്യയത് ബഹൂൻ ശബ്ദാൻ വാചോ വിഗ്ലാപനം ഹി തത്ത് ഉപനിഷത്ത് പറഞ്ഞു ഈ ആത്മാവിനെ കേട്ടറിഞ്ഞിട്ട് നല്ലവണ്ണം തെളിഞ്ഞിട്ട് വിജ്ഞായ പ്രജ്ഞാം കുർവീറ്റ് എന്നുവെച്ചാൽ അതിനെ ഏകാന്തമായിട്ടിരുന്ന് മനനം ചെയ്ത് വിചാരം ചെയ്യണം നാനുധ്യായേത് ബഹൂൻ ശബ്ദാൻ കൂടെ വേറെ ഒരു കാര്യം കൂടെ ചേർത്തു പല വിഷയങ്ങളിൽ മനസ്സിനെ വിട്ടുകളയരുത് അങ്ങനെ വിട്ടുകളഞ്ഞാൽ എന്ത് സംഭവിക്കും വാചോ വിഗ്ലാപനം ഹിതത് വാക്ക് അശുദ്ധമായിട്ട് പോകും മനസ്സ് അശുദ്ധമായിട്ട് പോവും ഇന്ദ്രിയങ്ങൾ ക്ഷീണിച്ചു പോവും തളർന്നു പോവും മനസ്സിനെ അന്തർമുഖമാക്കി ഹൃദയത്തിൽ ആഴുന്ന ഒരു ഒരു ഒരു പോലെ ഉള്ളിൽ ഇറക്കി വെള്ളം കണ്ടെത്തുന്ന വില ബോർ കുഴിക്കണല്ലേ അതുപോലെ ഹൃദയത്തിൽ ആഴ്ന്നു മുങ്ങി അവനവന്റെ സ്വരൂപം എന്താണ് ഈ ബോധം എന്താണ് ഞാൻ എന്ന് പറയണ അനുഭവത്തിന് എത്ര കണ്ട് ആഴുണ്ട് എത്ര കണ്ട് പരപ്പുണ്ട് ഹം യഥാഭാവോ യൂപഗുണകർമ്മക തഥൈവ തത്വവിജ്ഞാനമസ്തു മതനുഗ്രഹാത് ഭാഗവതത്തില് ഭഗവാൻ ബ്രഹ്മാവൻ ഉപദേശിക്കുമ്പോൾ പറഞ്ഞു തന്നെ ഞാൻ ആശീർവദിക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ ഞാൻ എത്ര കണ്ടുണ്ട് അപരിമിതമായ എന്റെ സ്വരൂപം നിനക്ക് അനുഭവത്തിൽ വരട്ടെ അപ്പൊ അനുഭൂതി ഈശ്വരൻ ആശീർവദിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അറിഞ്ഞാലും പ്രജ്ഞാം കുർവീറ്റ് ഏകാന്തമായിട്ടിരുന്ന് ഒരു സത്സംഗം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അനുഗ്രഹമാണ് പിന്നെ അത് ഏകാന്തമായിട്ടിരുന്ന് ആഴ്ന്ന ഉള്ളിലിറങ്ങി അവനവന്റെ സ്വരൂപം അവനവന്റെ സത്ത അവനവന്റെ എക്സിസ്റ്റൻസും അവനവന്റെ നിലനിൽപ്പിനെ ആരായിക ാനുള്ള ശാസ്ത്രമാണ് വേദാന്തം എന്ന് പറയുന്നത് വേദത്തിന് എന്ന് വെച്ചാൽ അറിവിന് അവസാനം എന്ന് പറഞ്ഞു അറിവ് ഫുൾഫിൽഡ് ആവുകയാണ് ജിജ്ഞാസാനിവൃത്തി ഇനി ഒന്നും അറിയണമെന്നുള്ള താല്പര്യമില്ല അന്ന് ഇനിയൊന്നും ചെയ്യണമെന്നുള്ള താല്പര്യമില്ല ആയിത്തീരാനുള്ള വ്യഗ്രതയിൽ പൂർണ്ണത വന്നു ഒരു പൂർണത ഒരു ശാന്തി ഒരു തികവ് ഒരു കംപ്ലീഷൻ എപ്പോ ബ്രഹ്മ അഹം എന്ന അനുഭവം ഈ അഹം എന്ന് പറയണത് ഈ ഞാൻ വിചാരിച്ചിട്ടുള്ള ഈ ആള് പാലക്കാട്ടിലുള്ള ആള് ഈ കുടുംബത്തിലുള്ള ആള് ഇതൊക്കെ അതിന് മേലെ കയറ്റി വെച്ചിരിക്കുകയാണ് കുലഗോത്ര ദൂരകം അതൊക്കെ തളിമാറ്റി കഴിഞ്ഞപ്പോ അതെന്താ ബ്രഹ്മ അത് ശുദ്ധ ബോധസ്വരൂപമാണ് നിർവികൽപ്പമായ ചൈതന്യമാണ് എന്നറിഞ്ഞു ദുഃഖം ഇങ്ങനെ കേട്ടുകൊള്ളു ഒരു നല്ല ഒരു മന്ത്രശ്രവണം പോലെ കേട്ടുകൊള്ളു ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് ഇത് മനസ്സിലാക്കാനുള്ള വിഷയമല്ല ഇത് സംഗീതം കേട്ട പോലെ തന്നെ കേട്ടുകൊള്ളു പതുക്കെ പതുക്കെ പതുക്കെ ഉള്ളിലിറങ്ങുമ്പോൾ തെളിയും ചില കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല അത് നമ്മളുടെ ഉള്ളിൽ കയറി തെളിയണം ചില കിണറുണ്ട് വെള്ളം വീണ് കഴിയുമ്പോൾ അപ്പത്തന്നെ പൊങ്ങും മഴ പെയ്ത് രണ്ടു ദിവസം കഴിയുമ്പോഴേ കി കിണർ മുക്കാൽ ഭാഗം നിറയും രണ്ട് ദിവസം മഴ പെയ്തിട്ടില്ലെങ്കിൽ ചോട്ടിൽ പോകും അങ്ങനെ കിണറുണ്ട് നേരെ മറിച്ച് നല്ല കിണറ് നല്ല മഴ പൊടി പാറ്റിയാലും അത് നിറയില്ല ആ വെള്ളം ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഊറ്റായിട്ട് വരും അതുപോലെയാണ് സത്സംഗത്തിലും ഈ ഉള്ളിൽ പോണത് നേരെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കടന്ന് അങ്ങോട്ട് പോയിട്ട് ഹൃദയത്തിൽ പോയിട്ട് നിങ്ങളുടേതായിട്ട് ഊറ്റായിട്ട് വരണം ഒറിജിനൽ സോഴ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് പുറത്തുനിന്ന് ഈ സത്സംഗത്തിൽ ഞങ്ങളൊക്കെ കണ്ണാടി നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് അവിടെ അല്ലാതെ എന്തെങ്കിലും പഠിപ്പിക്കാനല്ല പഠിപ്പിക്കലൊക്കെ ഇത് പഠിപ്പിക്കാനുള്ളതല്ല ഇത് നിങ്ങളെ നിങ്ങൾ പൂർണരാണ് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അല്ലേ എല്ലാരും നമ്മളെ കുറിച്ച് പറയണത് എന്താ നിങ്ങൾ അതാണ് ഇതാണ് പാപികളെ നിങ്ങൾ പൂർണമാണ് ശ്രുതി ഇങ്ങനെ ഒരു അമ്മയെ കണ്ടെത്താൻ പറ്റില്ല അല്ലേ പുരാണങ്ങൾ പറയണ ഒരു മദാലസ എന്ന് പറയുന്ന ഒരു റാണിയുണ്ട് കുട്ടികളെയൊക്കെ തുള്ളിയിലിട്ടാട്ടുമ്പോ നമ്മളൊക്കെ എന്തൊക്കെ പാട്ടൊക്കെ പാടുവല്ലോ അല്ലേ ആരാരോ ആരി പാടും അല്ലേ അതും ഉപദേശാണ് ആരാരോ നീ ആരോ ഞാൻ ആരോ ആ മദാലസ പാടുമ്പോ ശുദ്ധോ സി ബുദ്ധോ സി നിരഞ്ജനോ സി പ്രപഞ്ചമായ കുഞ്ഞിനെ പറഞ്ഞു വളർത്തുകയാണ് നീ ശുദ്ധനാണ് നീ ബുദ്ധനാണ് നിരഞ്ജനാണ് നീ പൂർണ്ണ വസ്തുവാണ് ഒരു അമ്മയുടെ അമ്മയാണ് ആദ്യത്തെ ഗുരു അച്ഛൻ പിന്നെ പിന്നെയാണ് ആചാര്യൻ അമ്മയും അച്ഛനും തൊട്ട് പരിപാകപ്പെടുത്തിയിട്ട് വേണം ആചാര്യൻ്റെ അടുത്ത് വരാൻ ആ കുട്ടിയുടെ ഉള്ളിലെ അമ്മയുടെ ആ മദർലി ടച്ച് ആൻഡ് ഫാദർലി ഡിസിപ്ലിൻ ഇത് രണ്ടും കൂടിയിട്ട് ഗുരുവിൻ്റെ അടുത്ത് വന്നാലേ ഉപദേശം ഫലിക്കുള്ളൂ എന്നാണ് വേദം പറയുന്നത് മാതൃമാന് പിതൃമാന് ആചാര്യവാന് വേദ മാതൃമാനും പിതൃമാനും ആചാര്യവാനും മാതൃമാൻ പിതൃമാൻ ജനറ്റിക്കലാണ് അതുകൊണ്ട് മാതൃമാൻ അത് മതുപ്പ് പ്രത്യേകമാണവിടെ അവിടെ മാതൃമാന് പിതൃമാന് ആചാര്യനെ നിങ്ങൾ തേടി പിടിക്കേണ്ടതാണ് അതുകൊണ്ട് ആചാര്യവാൻ അമ്മയും അച്ഛനും ഒരു കുഞ്ഞിനും കൊടുക്കേണ്ടത് അമ്മയുടെ പ്രിയം പോകുമ്പോ തന്നെ പ്രേമം പോകുമ്പോ തന്നെ അമ്മയ്ക്ക് സത്സംഗം ഹൃദയത്തിലുണ്ടെങ്കിൽ ഭഗവത് അനുഭൂതി ഹൃദയത്തിലുണ്ടെങ്കിൽ ഭക്തി ഹൃദയത്തിലുണ്ടെങ്കിൽ മുലപ്പാല് കൊടുക്കുമ്പോ തന്നെ ജ്ഞാനം ഭക്തി ഹൃദയത്തിലേക്ക് ഫിസിക്കലി ട്രാൻസ്ഫറാകും ജീൻലേക്ക് കടക്കും അത് genetically, it will get ജനറ്റിക്കലി ഇറ്റ് ഗെറ്റ് ഡിവനൈസ്ഡ് ശങ്കരാചാര്യർ അതുകൊണ്ടാണ് സൗന്ദര്യ ലഹരിയിൽ പറഞ്ഞത് അമ്മയുടെ പാൽ കുടിച്ചിട്ട് ജ്ഞാനിയായിട്ട് തരുന്നു ഒരു കുട്ടി എന്ന് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞതാണെന്നാണ് ചിലരൊക്കെ പറയുന്നത് ജ്ഞാനസംബന്ധരെ കുറിച്ചും പറയും പക്ഷെ ശങ്കരാചാര്യരുടെ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ട് ജഗതീശ്വരിയുടെ പാൽ ആരാ അമ്മ തന്നെ Paravaram, പരിവഹതി സാരസ്വതം ദ്രവിഡ ശിശു ആസ്വാദ്യം പ്രൗഢാമീയ കവികളില് പ്രൗഢകവികളില് കമനീയ കമനീയമായ കവിയായിട്ട് ഋഷിയായിട്ട് മാറി അപ്പോ ഹൃദയത്തിലത് നമുക്കുണ്ടെങ്കില് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഒരമ്മ പറഞ്ഞു കുട്ടിയുടെ അടുത്ത് നീ ആത്മാവാണ് എന്ന് പറഞ്ഞ് വളർത്തി കുട്ടി ഞാനിയായി നീ ശരീരമല്ല നീ ആത്മാവാണ് നീ പൂർണ വസ്തുവാണ് നീ ബ്രഹ്മ വസ്തുവാണ് മറന്നുകളയരുത് ഇത് മറക്കാതെ ലോകത്തിൽ എന്ത് വേണമെങ്കി ചെയ്യൂന്നു എന്റെ പ്രാരബ്ദം എങ്ങനെ വേണമെങ്കിൽ ചുറ്റട്ടെ ഈ സത്യത്തിനെ പിടിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് സത്യത്തിനെ ആദ്യം പിടിക്കണം അല്ലെ എങ്ങനെ പിടിക്കും ഉള്ളില് ഞാൻ എന്നുള്ള ആ ബോധം എന്താണ് എന്ന് അറിയുകയും അതിന് ഉപാധിയുടെ അടുത്ത സംബന്ധമേ ഇല്ല എന്നുള്ളൊരു സാക്ഷാത്കാരം ശരീരം ഒരു സ്ഥലത്തും ഞാൻ ഒരു വലിയ കണ്ടുപിടുത്തമാത് എന്തൊക്കെയോ കണ്ടുപിടിക്കണോ ആപ്പിള് ചോട്ടില് വീടുന്നതും ഭൂമി ചുറ്റുന്നതും റൗണ്ട് ആയിട്ടിരിക്കണതും അതൊക്കെയാണ് നമ്മൾ വലിയ കണ്ടുപിടുത്തം എന്ന് പറയണത് ഏറ്റവും വലിയ കണ്ടുപിടുത്തം നിങ്ങളാണ് സുഖബ്രഹ്മ മഹർഷി ഭാഗവിതത്തില് വരുമ്പോ വലിയ സന്തോഷം മഹർഷിയുടെ മുഖത്ത് എന്ത് സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചിലപ്പോൾ കാറിന്റെ ചാവി കാണാതായാൽ ഒരു ദുഃഖം അല്ലേ അത് തിരിച്ചു കിട്ടിയാൽ ഒരു സന്തോഷം വരും അത് അതുപോലെ നമുക്ക് സന്തോഷം തരണം ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കണത് എന്താന്ന് വെച്ചാൽ ഒരു സ്വാമി രാമതീർത്ഥന ഒരു കഥ പറയും ഒരാളെല്ലാവർക്കും സ്വീറ്റ് കൊടുത്തു എന്തിനാ സ്വീറ്റ് കൊടുക്കണത് എന്ന് ചോദിച്ചപ്പോ ഞാനൊരു കാറ് വാങ്ങിച്ചു അതിനാണോ അല്ലല്ല കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു ഇന്നലെ ആ കാറ് മോഷണം പോയി അതിനാണ് എല്ലാവർക്കും സ്വീറ്റ് കൊടുക്കുന്നത് കാറ് മോഷണം പോയതിന് സ്വീറ്റ് കൊടുക്കണോ അല്ലല്ല ഞാൻ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നപ്പോ മോഷണം പോയാൽ ഞാനും പോയിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഞാൻ പോയിട്ടില്ലേ കാറല്ലേ പോയുള്ളൂ ഇത് പറഞ്ഞ് രാമതീർത്ഥസ്വാമി പറയാണ് നിങ്ങളെ പോലെ അദ്ദേഹത്തിന് മുമ്പിലും ചിരിച്ചിട്ടുണ്ടാവും ആളുകൾ അപ്പൊ അദ്ദേഹം പറയാ നിങ്ങളൊക്കെ ചിരിക്കണു അയാള് സത്യം അറിഞ്ഞ ആളാണ് അയാൾക്ക് കാറേ മോഷണം പോയുള്ളൂ നമുക്ക് ആള് മോഷണം പോയിരിക്കണോ കാർ അതേപടി ഉണ്ട് കുലായമിതമാത്മ സുഹൃ പ്രിയതി ഈ ശരീരം ഉണ്ടല്ലോ വളരെ സുഹൃത്താണ് പ്രിയമാണ് ഇതാണ് ഇതിനെ പോഷിപ്പിച്ചുകൊണ്ടിരുന്ന മതി ഞാൻ സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷെ അവസാന അത് ം വീണ തോണിയെടുത്ത് കടലിന്റെ നടുവ് വരെ പോയിട്ട് ഈ തോണിയിൽ ദ്വാരമുണ്ട് ഒമ്പത് ഓട്ടയുണ്ടെന്ന് കാണുന്ന പോലെയാണ് നമ്മുടെ സ്ഥിതി അവസാനമാകുമ്പോഴാണ് അറിയുന്നത് ഇത് വിശ്വസിക്കാൻ പറ്റില്ല എത്രക്കോ ഒരു ഇലൂഷറി ഭ്രമാത്മകമായ മോഹാത്മകമായ പല സെക്യൂരിറ്റീസും നമ്മൾ ഉണ്ടാക്കി അവസാനം നോക്കുമ്പോൾ ഇതൊക്കെ ചതിക്കണു എന്താന്ന് വെച്ചാൽ ഈ സാധനം നമ്മളുടെ അല്ല പ്രകൃതിയുടെ ആണ് അപ്പൊ എവിടെയാ രക്ഷപ്പെടാനുള്ള വഴി എന്ന് ചോദിക്കുമ്പോ ശാസ്ത്രം പറയണം നിനക്ക് വിശ്വാസമുണ്ടോ ശ്രദ്ധയുണ്ടോ വരൂ നീ ശരീരമാണോ നീ ശരീരമാണെങ്കിൽ നിന്റെ ആസ്പത്രി ഒന്നും രക്ഷിക്കില്ല കാരണം അവസാനം ഭട്ടിർ നഷ്ട ഭാരവിസ്സോപിന ഭിക്ഷുർ നഷ്ട ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് പോയി നിർത്തി രാജാവിനോ തൂക്കിക്കൊല്ല വിനയെന്ന് പറഞ്ഞു അപ്പൊ കള്ളൻ പറഞ്ഞു ഇപ്പൊ ഞാൻ മാത്രമാണ് ചാവാമ്പണത്ത് ഭട്ടി എന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു അവൻ ചത്തുപോയി വലിയ കവിയാണ് പ്രസിദ്ധൻ അവനും പോയി ഭാരവി എന്ന് വലിയൊരു കവി ഉണ്ടായിരുന്നു അയാളും ചത്തുപോയി ആരും അറിയാതെ ഞങ്ങളുടെ തെരുവിലൊരു ഭിക്ഷുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവനും ചത്തുപോയി ഭീമസേനോപ്പി നഷ്ട ബുക്കുണ്ഠോഹം ഹേ രാജൻ ഞാൻ ബുക്കുണ്ടൻ ഇപ്പൊ നോക്കുമ്പോ ബാ ബി ബി ഭൂ വരെ വന്നു ഭൂപതി സ്തോ രാജാവെ അടുത്ത ആള് നീയാണ് ഭൂപതി ഞാൻ നീ ഭൂപതി ബബാവല്യാം അന്തകം പ്രവിഷ്ട യമൻ ബി ബിന്ന് പിടിച്ചോണ്ട് വരികയാണ് ആൽഫബറ്റിക് ഓർഡറിൽ അടുത്തത് നീ ആണ് ഇത്രയല്ലേ ഉള്ളൂല്ലേ ആരിവിടെ ശാശ്വതമായിട്ടിരുന്നു ആരിവിടെ നിത്യമായിട്ടിരുന്നു ശരീരത്തിനെ വെച്ചുകൊണ്ട് കെട്ടിപ്പൊക്കുഴാണ് നമ്മളൊരു സാമ്രാജ്യം അന്തരാത്മാവിനെ അവഗണിച്ചും ഉള്ളിലേക്ക് ആഴ്ന്നു നോക്കുമ്പോ അവിടെ ഒരു വലിയ സാമ്രാജ്യമുണ്ട് അത് നിത്യമാണ് ശാശ്വതമാണ് അതിനെ ജനനമോ മരണമോ ഇല്ല ഗീത തുടങ്ങണതേ അങ്ങനെയാണല്ലോ നജായത്തെ മൃഗത്തെ വാ കഥാചിത് നം ഭൂ ഭവിതൂയ അജോ നിത്യ ശാശ്വതോയം പുരാണ ന ഹന്യേ ഹന്യമാനേ ശരീരേ ഈ ശരീരം മരിച്ചു കഴിയുമ്പോൾ ഒന്നും നനക്ക് മരണമില്ല അപ്പാ ശരീരം മരിക്കും ഞാൻ ശരീരമല്ല ഞാൻ പൂർണ്ണ വസ്തുവാണ് മരണമില്ലാത്ത വസ്തുവാണ് എന്നുള്ളതാണ് സാക്ഷാത്കാരം ആത്മവിചാരം ചെയ്ത് അനുസന്ധാനം ചെയ്ത് ഗുരുമുഖത്ത് കേട്ടു കേട്ടാ മാത്രം പോരാ ഉള്ളിലിരുന്ന് കടഞ്ഞെടുത്ത് ധ്യാനം ചെയ്ത് ഉള്ളിൽ ഈ ഭയമൊക്കെ പുറത്തേക്ക് ചാടിക്കും അമൃതമഥനം ചെയ്ത് വിഷം പുറത്തേക്ക് വരണ പോലെ ഈ പേടിയൊക്കെ പുറത്തേക്ക് വരും വികാരങ്ങളൊക്കെ പുറത്തേക്ക് വരും എല്ലാം വന്നിട്ട് അവസാന ഇതൊന്നും എന്റെ അല്ലെന്നറിഞ്ഞ് ഇതിനപ്പുറം അഖണ്ഡമായ ഒരു ധാമം ഒരു അധിഷ്ഠാനം ഇതുകൊണ്ട് ബാധിക്കപ്പെടാതെ നിൽക്കുന്ന അമൃത സ്വരൂപമായ ഒരു അധിഷ്ഠാനത്തിനെ അകമയ്ക്ക് സമാധിസ്ഥിതിയിൽ നിർവികല്പമായ സമാധിയില് സാക്ഷാത്കരിക്കുമ്പോ അതാണ് ഞാൻ അതാണ് എന്റെ സ്വരൂപം അതിൽ ഈ ശരീരവും മനസ്സും പ്രപഞ്ചവും ഒരു സിനിമ പോലെയാണ് സ്ക്രീനിൽ സിനിമ പോലെ ഉദിക്കുന്നു നിൽക്കണു അസ്തമിക്കണു സ്ക്രീൻ ബാധിക്കപ്പെടാത്തതുപോലെ ഇതിന് പുറകിലുള്ള അധിഷ്ഠാനം ആ സച്ചിദാനന്ദമായ പൂർണ്ണ വസ്തു ബാധിക്കപ്പെടുന്നില്ല അതാണ് എന്റെ സ്വരൂപം എന്ന അനുഭൂതി ഒരു ക്ഷണനേരം വന്നാൽ പോലും അയാൾ ജ്ഞാനിയാണ് പക്ഷേ അതറിഞ്ഞ് അതല്ലാത്തതിനെയൊക്കെ മാറ്റി നിർത്തി അതാണ് എന്നറിഞ്ഞ് അതിലിരിക്കുന്നവനുണ്ടല്ലോ അവൻ ധന്യതമ്മനാണ് അവന്റെ സാന്നിധ്യം കൊണ്ട് ലോകം പവിത്രമാകും കുലം പവിത്രം ജനനീ കൃതാർത്ഥ ഒരു ശിഷ്യന് ഞാനുണ്ടായപ്പോ ഗ ഗുരു പറയാണ് സൂത്ര സംഹിതയില് ശിഷ്യന് സാക്ഷാത്കാരം ഉണ്ടായി അപ്പൊ ഗുരു ആ ശിഷ്യനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് ആ ശിഷ്യന്റെ അടുത്ത് പറയുകയാണ് കുലം പവിത്രം ജനനീ കൃതാർഥ വസുന്ധരാ പുണ്യപതീച്ഛത്തെ നീ ജനിച്ചത് കൊണ്ട് നിന്റെ കുലം പവിത്രമായി തന്റെ മാതാവ് കൃതാർത്ഥയായി ഈ വസുന്ധര ഉണ്ടല്ലോ നിന്റെ പാദസ്പർശമേൽക്കുന്ന ഈ ഭൂമി പുണ്യപതീച്ഛത്തേന്ന് അപാരസച്ചിത് സുഖ സാഗരെ അപാരസച്ചിത് സുഖസാഗരമായ ചിത്രം ആയിരിക്കുന്നു ആ ബ്രഹ്മമാണ് ഞാൻ എന്ന നിർവികൽപ്പ അനുഭവമാർക്കുണ്ടായിരിക്കുന്നു അവന്റെ കുലം പവിത്രം ജനനീകൃത വസുന്ധരാ പുണ്യവതീച്ചീ പവിത്രമാണ് ആ പവിത്ര പവിത്രമെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ പവിത്രതയാണ് ജ്ഞാനിയുടെ ഉള്ളില് രാമായണത്തില് ശ്രീരാമൻ ഈ ദുഃഖം വരെയാണ് ലോകത്തിലെല്ലാവരും നശിച്ചു പോകണു അഹങ്കാരം കൊണ്ട് വിഷമിക്കണു അജ്ഞാനം കൊണ്ട് ദുഃഖിക്കണു എനിക്കെന്തിനാ സാമ്രാജ്യം എന്ന് പറഞ്ഞിരിക്കറിയ അപ്പോഴാണ് വസിഷ്ഠൻ രാമനെ വിളിച്ചു പറയണത് ഹേ രാമ നല്ല വൈരാഗ്യത്തോടുകൂടെ നീ ഇരിക്കുന്നു ഇപ്പോൾ ആത്മവിചാരം ചെയ്താൽ നീ ജ്ഞാനിയാവും ആത്മജ്ഞാനം ഉദയം ചെയ്യും ദിവസങ്ങളോ മാസങ്ങളോ പോലും വേണ്ട കുറച്ച് നേരം കൊണ്ട് നിനക്ക് കിട്ടുമ്പന്ന് പറഞ്ഞിട്ടാണ് ഉപദേശിക്കുന്നത് രാമൻ വസിഷ്ഠരിൽ നിന്നും ഈ ബ്രഹ്മവിദ്യ ഉപദേശം കേട്ട് വനനം ചെയ്ത് നിതിധ്യാസനം ചെയ്ത് സാക്ഷാത്കൃതനായി ആ സാക്ഷാത്കാരത്തിന്റെ ഒരു വൈഭവമാണ് രാമായണം എന്നാണ് യോഗവാസിഷ്ടത്തിന്റെ വ്യാഖ്യാനം എന്നുവെച്ചാൽ രാമന്റെ പേഴ്സണാലിറ്റി വളരെ വിചിത്രമാണ് ഒരു വശത്ത് നോക്കി സാധാരണ മനുഷ്യനാണ് സീതയെ പിരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം രാമൻ കരഞ്ഞ പോലെ ആരെ കൊണ്ടും കരയാൻ പറ്റില്ല അങ്ങനെ കരയും സീതയെ പിറും ആ കരച്ചൽ കണ്ട് എല്ലാവരും മൂക്കത്ത് വിരലുവെക്കും സുഗ്രീവൻ പോയി ഉപദേശിക്കും സുഗ്രീവൻ പറഞ്ഞു ഞാൻ പോലും കരയാതിരിക്കും ധൈര്യമായിട്ടിരിക്കണം എന്നാണ് രാമൻ സുഗ്രീവൻ പറഞ്ഞു കൊടുക്കും മറുവശത്ത് പ്രകൃതി മുഴുവൻ സേവ ചെയ്യാനായിട്ട് വന്നു നിക്കും ചില സമയത്ത് ഋഷി ഭരദ്വാജൻ ഭരദ്വാജൻ രാമനെ കണ്ട് നാല് ആശ്വാസ വാക്കുകൾ പറയണം എന്താന്ന് വെച്ചാൽ പട്ടാഭിഷിയൊക്കെ വിഘ്നായിട്ട് കാട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ അതുകൊണ്ട് രാമനെ ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞ് തന്റെ ആശ്രമത്തിൽ രാമനും ലക്ഷ്മണനും സീതയും വരുമ്പോ സ്വീകരിക്കുകയാണ് പക്ഷേ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ ഭരദ്വാജ ആശ്രമത്തിലേക്ക് രാമൻ പ്രവേശിച്ചതും പ്രകൃതിയൊക്കെ പൂത്തു കൊലച്ചും ദിവ്യമായ ഒരു പരിമളം ആശ്രമം മുഴുവൻ വീശി ഒരു പ്രശാന്തി ഒരു ശാന്തി ഒരു രസായനം പോലെ ഭരദ്വാജൻ ഒരു ടോണിക് പോലെ ഭരദ്വാജൻ മനസ്സിലായില്ലേ പെട്ടെന്ന് അവിടെ ഒരു മാറ്റം ജ്ഞാനികളുടെ ലക്ഷണം അതാണ് രമണ മഹർഷിയുടെ അടുത്ത് ചോദിച്ചൊരു ജ്ഞാനിയെങ്ങനെ മനസ്സിലാക്കും അയാൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല പറയണത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല ചിലപ്പോൾ ദേഷ്യപ്പെടും ദുർവാസാവൊക്കെ ഉണ്ട് അല്ലേ ചീത്ത വിളിക്കും ശപിക്കും നമ്മളൊക്കെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ കോപനായ ദുർവാസാവ് എന്ന് പറയും പക്ഷെ ദുർവാസ ഈശ്വരാംശമാണ് ഇത്രയൊക്കെ ആയിട്ട് ചീത്ത ദേഹം മുഴുവൻ അനുഗ്രഹിതാവും ദുർവാസാവ് ജ്ഞാനിയാണ് നാരദൻ ജ്ഞാനിയാണ് വിശ്വാമിത്രൻ ജ്ഞാനികളാണ് ഒരാളോ ഒരാളോ പോലെ ഇല്ല അപ്പൊ രാമൻ ഈ ഭരദ്വാജ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞ് കുറച്ചുനേരം കഴിയുമ്പോ ഭരദ്വാജൻ മനസ്സിലാക്കി എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അശാന്തി അന്തരീക്ഷത്തില് പെട്ടെന്നൊരു ഒരു പൂർണത്വം ആ പ്രസൻസ് ഹയ്യർ പ്രസൻസ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഭരദ്വാജൻ പറഞ്ഞു രാമന്റെ അടുത്ത് എന്റെ ആശ്രമത്തിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കാം എനിക്ക് ഏകാന്തമായിട്ട് ഇരിക്കാൻ അങ്ങ് ഒരു സ്ഥലം കാണിച്ചു തരണം എന്ന് പറയുമ്പോഴാണ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ചിത്രകൂടം കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് പക്ഷെ പോകുമ്പോ ഉള്ളിൽ വല്ലാത്തൊരു ആശ്ചര്യം ഇങ്ങനെയൊരു ജ്ഞാനസ്ഥിതി ഉണ്ടാവോ രാജകുമാരൻ നമ്മളൊക്കെ കാട്ടില് ഋഷികളായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാധിക്കാത്ത എന്ത് സീക്രട്ടായി അയാൾ സാധിച്ചു രാജകുമാരനാണ് നമ്മളൊക്കെ ഇതാ കാട്ടില് മഹർഷികളാണ് എന്തോ ഒരു ഒരു മാസ്മരികമായ ഒരു സന്നിധി ഇത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ ആശ്ചര്യമായിട്ട് ചിന്തിച്ചു കൊണ്ട് പോകുമ്പിണ്ട് ഈ പ്രകൃതി എന്ന് പറയുന്നത് അതാണ് രാമൻ ഉണ്ടല്ലോ ഭരദ്വാജന്റെ മുമ്പിൽ വെച്ച് തന്നെ ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി ഭരദ്വാജൻ രാമനെ ഇന്റർപ്രറ്റ് ചെയ്തു എന്താന്ന് വെച്ചാൽ അച്ഛൻ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞു പോയ ഉടൻ പറഞ്ഞുടനെ ഇതൊക്കെ ലക്ഷ്മണൻ ഭരദ്വാജന് പറഞ്ഞുകൊടുത്തു ചിന്തിക്കാതെ അതിനെ അങ്ങനെ നിസ്സംഗമായിട്ട് സ്വീകരിച്ചു അപ്പൊ നമ്മള് ഞാനീടെ ലക്ഷണങ്ങൾ സ്ഥിതപ്രജ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നിനോട് ആസക്തിയില്ല രാജ്യം വിട്ടിട്ട് പുറപ്പെട്ട് വന്നു കാട്ടിൽ ഇതൊക്കെ ഭരദ്വാജന് ലക്ഷ്മണൻ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇണ്ട് ഭരദ്വാജന്റെ മുമ്പിൽ വെച്ച് രാമൻ പറയാണ് ഹേ ലക്ഷ്മണ എന്നെ ഒരു മകനെ ഈ അച്ഛൻ ഒരു സ്ത്രീ പറഞ്ഞു വന്ന് കാട്ടിലേക്ക് അയച്ചല്ലോ പ്രമദായനം പുത്രം താത്തോ മാമിവ ലക്ഷ്മണ എന്നെ പോലെ ഒരു മകനെ പറഞ്ഞ കേൾക്കണ ഒരു മകനെ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞ് ദശരഥൻ കാട്ടിലേക്ക് അയച്ചല്ലോ രാമായണത്തെ നോക്കണം അതാണ് വാൽമീക്ക് സ്വഭാവോക്തി മനുഷ്യന്റെ പ്രകൃതിയെ കാണിക്കാണ് എന്നെപ്പോലെ ഒരാളെ പറഞ്ഞയച്ചോല്ലോ അല്ലെ ഇനിയിപ്പവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോന്നറിയില്ല നീ തിരിച്ചു പോലെ ഒരു മകൻ ഇനി ഒരു സ്ത്രീക്കും ജനിക്കാതിരിക്കട്ടെ എന്നെ കാരണം ഈ കൗസല്യ എന്റെ അമ്മ എത്ര വിഷമിക്കണു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞി ഭരദ്വാജൻ മൂക്കത്ത് പറഞ്ഞു ഒരു ക്ഷണം മുമ്പാണ് ഭരദ്വാജൻ ഒരുമാതിരി ഡിസിഷൻ എടുത്തതാണ് ഈ രാമൻ ഒരു ജീവൻ മുക്തനാണ് എന്ന് തീരുമാനിച്ചതാണ് അടുത്ത ക്ഷണം നോക്കുമ്പോ സാധാരണ കുടുംബികളെക്കാളും വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ലക്ഷ്മണനോട് പറയാണ് ഇങ്ങനെയൊരു സംസാര ദുഃഖം ഒക്കെ പറഞ്ഞിട്ട് രാമൻ അങ്ങോട്ട് നടന്നു ചിത്രകൂടത്തിലേക്ക് ഭരദ്വാജൻ തിരിച്ചു നടന്നു ടി നടന്നപ്പോ ഭരദ്വാജന് വ്യത്യാസം അറിഞ്ഞു എന്താന്ന് വെച്ചാൽ ഒരു നല്ല ചൂട് കാലത്ത് എ സി പോയ ഒരു വ്യത്യാസം ഉണ്ടാവും പുറത്തു വന്ന ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ അതുപോലെ സന്നിധി വിട്ട് ദൂരത്ത് പോയതും എന്തോ ഒരു വ്യത്യാസം ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോലെ അപ്പോഴാണ് ഭരദ്വാജൻ നേരെ വാൽമീകിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കണത് എന്താണ് രാമന്റെ സീക്രട്ട് അങ്ങനെയാണ് വാൽമീകി ഇത് പറഞ്ഞു കൊടുക്കുന്നത് രാമന് ഈ വൈരാഗ്യണ്ടായതും മുമുക്ഷത്വം ഉണ്ടായതും വശിഷ്ഠൻ ബ്രഹ്മവിദ്യ ഉപദേശിച്ചതും താൻ ആത്മസാക്ഷാത്കാരം നേടിയതും ഒക്കെ അപ്പൊ രാമൻ ഇത് അറിയില്ലേ എന്ന് വെച്ചാൽ അറിയും അറിയില്ല അതാണ് അതാണ് ആ പെർസണാലിറ്റി ഭരതൻ പ്രായോപേശമായിരുന്നു രാമന്റെ അടുത്ത് വന്ന് സ്ട്രൈക്ക് മഹാത്മാഗാന്ധിയെ പോലെ തിരിച്ച് രാജ്യത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കില്ല വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞ് വരതരുന്നു അപ്പൊ രാമൻ പറഞ്ഞു ക്ഷത്രിയനായ രാജാവിന് പ്രായോപേശം ഇരിക്കുന്നത് ശാസ്ത്രം അനുസരിച്ച് മഹാപാപമാണ് നീ ചെയ്തിരിക്കുന്നത് ഒരു വലിയ പാപമാണ് അതിന് പ്രായശിത്തമായിട്ട് എന്നെ വന്ന് തൊടു എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് അവിടെ ്ഞാനിയാണെന്നും ജ്ഞാനസ്വരൂപനാണെന്നും ഒരു ഭാവം അതിന് പ്രായശ്ചത്വമായിട്ട് എന്നെ വന്ന് തൊടും വേറെ വലിയ പ്രായശ്യത്വം ഒന്നുമില്ല താൻ ആ സമയത്ത് അത് ചിലരെ പറയല്ലോ ഹി നോസ് നോട്ട് ദറ്റ് ഹി നോസ് നോട്ട് ഹിസ് എ ഫുൾ ഷൺ ഹിം ഹി നോസ് ദോസ് നോട്ട് yearning teaches him he knows that he knows his vice raman darathi personality ella samayathum kanum krishna avatharatile bhagavan always knows that he knows ramavatharam anganeyalla ramavatharatile nammale poley undavum prakrathamayite undavum kareeyum vashamikum kandupidikan buddhimutta krishnavatharatile eppalum he knows that he knows samasye mellla അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞത് സാധാരണ ജ്ഞാനികൾ അറിഞ്ഞുകഴിഞ്ഞാലും അവര് കുറച്ച് സാധാരണ ലെവലിലിരിക്കും മേലെ പോകും മാറിക്കൊണ്ടിരിക്കും പക്ഷെ അവരുടെ ജ്ഞാനം മാറില്ല അത് പുറകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ സാധാരണ ലെവലിലേക്കും വരും രമണ മഹർഷിയെക്കുറിച്ച് ബൽറാം റെഡ്ഡി എന്ന് പറഞ്ഞ രമണാശ്രമത്തിലൊരു ഭക്തനുണ്ടായിരുന്നു നല്ല യോഗി അദ്ദേഹത്തിനടുത്ത ഒരു സമയം ചോദിച്ചു മഹർഷിയെക്കുറിച്ച് എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞപ്പോ ഒരേ വാക്ക് പറഞ്ഞു ഭഗവാൻസ് ബ്രഹ്മൻ എന്താ അർത്ഥ എല്ലാരും അല്ലേന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒരു സാധാരണ ലെവലിലേക്ക് വന്ന് കുറച്ചുനേരം സാധാരണമായിട്ടിരുന്നു അങ്ങനെയില്ല ഇരുപത്തിനാല് മണിക്കൂർ ഏത് സമയത്ത് പോയാലും അവിടെ അപൂർണ വസ്തുവിനെ കാണാം ഒരു വാദം വാസനകളൊന്നുമില്ല അതാണ് നാരായണ ഗുരു കണ്ടിട്ട് എഴുതിയത് ഇത്യാദി വാദോപരതം മഹാന്തം പ്രശാന്ത ഗംഭീര നിജസ്വഭാവം ഷോണാചലേ ശ്രീരമണം നിരീക്ഷ്യ പ്രോവാചനാരായണ സംയമീന്ദ്ര ഇത്യാദി വാദോപരന്തം ഇങ്ങനത്തെ വാസനകള് വാദങ്ങള് എല്ലാ ഭ്രമങ്ങളും വിട്ടുപോയി പ്രശാന്ത ഗംഭീര നിജസ്വഭാവം പ്രശാന്തഗംഭീര നിജസ്വഭാവനായിട്ട് തീർന്ന ഷോണാചലത്തില് അരുണാചലത്തില് രമണനെ കണ്ട് നാരായണ ഗുരു ഇങ്ങനെ എഴുതി എന്ന് പറഞ്ഞ് നിർവൃത്തി പഞ്ചകമെന്ന് അഞ്ച് ശ്ലോകങ്ങൾ എഴുതി ഒരു അവിദ്യാമണ്ഡലത്തിലേക്ക് വരാതെ ഒരു ജീവൻമുക്തൻ ജ്ഞാനി എങ്ങനെയിരിക്കണു കാ നാമ ജാതിഹി കോശ പ്രവൃത്തിക്ക കിയ ഇത്യാദി വാദോപുരത്തം ഇങ്ങനെ ഒരു സാധ്യത നമ്മളുടെ ഉള്ളിലുണ്ട് നമ്മൾക്ക് അല്പമെങ്കിലും ഈ വസ്തു സ്ഥിതി ഈ സത്യം പിടികിട്ടിയാൽ നമ്മൾ ഈ ശരീരമല്ല എന്നറിഞ്ഞാൽ തന്നെ വലിയ കാര്യമായി ഒരു ഓപ്പണിംഗ് ഉണ്ടായി ഒരു ബ്രേക്ക് ത്രൂ നമ്മൾ ഈ ശരീരമാണെങ്കിൽ എന്താ നേടിയെടുത്തതൊക്കെ അവസാനം ഇവിടെ തന്നെ